അത് അഖണ്ഡ ബോധമാണ് അവിഛിന്ന ബോധമാണ് നമ്മൾ ദൂരത്തുനിന്ന് മലകളെയൊക്കെ കാണുമ്പോ മലകളൊക്കെ നമ്മളുടെ കണ്ണിന്റെ ഉള്ളിൽ അടങ്ങുന്ന മാത്രം വലുപ്പമുള്ളതായിട്ട് കാണുന്നു അടുത്തു പോകും ആ മലകൾ വലുതായി വലുതായി വരും നമ്മൾ ആ മലയിൽ കയറിയാൽ നമ്മൾ അതിൽ വെറും ഒരു പൊടിയായിട്ട് മാറും അതിലെവിടെയെങ്കിലും ഒരു ഗുഹയിൽ പോയാലോ മറഞ്ഞു അതുപോലെയാണ് ഇപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ഈ ഇപ്പൊ ഈ ശരീരത്തിന്റെ ഉള്ളിൽ അടങ്ങിയതായിട്ട് ആ മലകളൊക്കെ കണ്ണിലടങ്ങിയതായിട്ട് കാണുന്ന പോലെ നമ്മളിൽ ഈ ഞാൻ എന്നുള്ളത് ഈ ശരീരത്തിൽ ഹൃദയാാന്തർഭാഗത്ത് അടങ്ങിയതായിട്ട് തോന്നുന്നു നമ്മൾ അതിനെ സമീപിക്കാൻ തുടങ്ങുമ്പോ അതിനെ ഓർമ്മിച്ചുകൊണ്ട് സമീപിക്കണം സമീപിക്കൽ എങ്ങനെയാ ആത്മവിചാരം എന്താണ് ആദ്യം ഓർമ്മിക്കണം നമുക്ക് നഷ്ടപ്പെട്ടു ഒരു വസ്തുവിനെ തെരയുമ്പോ വാച്ച് കാണാനില്ലെങ്കിൽ എന്ത് ചെയ്യും വാച്ചിന്റെ കളറും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തെരയും അല്ലെ കണ്ടുപിടിക്കണം അപ്പോ അതേ അതിന്റെ സ്വരൂപം അറിഞ്ഞ് ഒരു സ്പെഷ്യാലിറ്റി അറിഞ്ഞ് കണ്ടുപിടിക്കുക അതേപോലെ എല്ലാ ഒരേപോലെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരു ചൊല്ലുണ്ട് തിരുപ്പതിയിൽ പോയി ഒരാളെ കണ്ടുപിടിക്കാൻ പറഞ്ഞു വെച്ചു എന്താ ആളുടെ പേര് വെങ്കട്ടറമണൻ എന്താ രൂപം തലമൊട്ടയടിച്ചിട്ടുണ്ടാവും കണ്ടുപിടിക്കാൻ പറ്റുമോ തിരുപ്പതിയില് തലമൊട്ടയടിച്ച ആള് വെങ്കട്ടരമണൻ പേര് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും എല്ലാം എവിടെ പോയാലും വെങ്കട്ടരമണൻ ആയിരിക്കും തലമൊട്ടയടിച്ചിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്ക അതുപോലെ ആത്മാവിനെ കണ്ടെത്തണം എന്താണ് അതിന്റെ സ്വരൂപം അത് നിങ്ങളിൽ തന്നെ കേന്ദ്രമായിട്ട് ഞാൻ ഞാൻ എന്ന അനുഭവവുമായിട്ട് തോന്നുന്നു അത് അനന്വയമാണ് എന്താന്ന് വെച്ചാൽ ആ അനുഭവം വേറെ ഒരിടത്തും ഇല്ല നമുക്ക് കൺഫ്യൂഷനേ ഇല്ല ഒരിടത്തും അനുഭവമില്ല മൈക്കിൽ അനുഭവമില്ല പുസ്തകം അനുഭവമില്ല നിങ്ങളാരും എനിക്ക് അനുഭവമില്ല നിങ്ങളൊക്കെ തന്നെ എന്റെ ഇന്ദ്രിയവേദ്യമായിട്ടുള്ള രൂപങ്ങളാണ് എനിക്ക് അനുഭവമുള്ളത് ഒരൊറ്റ മാത്രം എന്നിൽ ഞാൻ ഞാൻ എന്ന് യാതൊന്ന് നർത്തനം ചെയ്യുന്നു അതുമാത്രം അതുതന്നെ ഈശ്വരസ്വരൂപം ദക്ഷിണാമൂർത്തിസ്വരൂപം കൃഷ്ണസ്വരൂപം കൃഷ്ണൻ ഗീതയിൽ അഹം ആത്മാഗുഢാകേശ സർവഭൂതാശയസ്ഥിത ഹേ അർജുന എല്ലാവരുടെയും ഹൃദയത്തിൽ ഹൃദയമാവുന്ന ഗുഹയിൽ യാതൊന്ന് ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കുന്നുവോ അതാത്മാവാണ് അതിനെ അന്വേഷിച്ച് കണ്ടെത്തൂ അഹം ആദിശ് മധ്യം ഈ ശരീരം ഉദിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു ശരീരം മരിച്ചു കഴിയുമ്പോഴും ഞാൻ ഉണ്ടാവും ശരീരവും മറ്റുമൊക്കെ മധ്യത്തിൽ വന്നിട്ട് പോകുന്നു അഹം എന്നുള്ള അനുഭവത്തിന് ആദിയുമില്ല അന്തവുമില്ല അപ്പൊ അഹം എന്നുള്ള കേന്ദ്രസ്ഥാനത്തില് ഈശ്വരനെ അന്വേഷിക്കുക അഹം പദാർത്ഥം ഈശ്വരനെ ശൈവസിദ്ധാന്തത്തിൽ ഒരു ശ്ലോകമുണ്ട് ശിവനെ സ്തുതിക്കുകയാണ് ഞാൻ ആ ശ്ലോകം ആദ്യം കണ്ടപ്പോ ആശ്ചര്യപ്പെട്ടുപോയി ബ്രഹ്മസൂത്രത്തിന് ആദ്യ ധ്യാനശ്ലോകമായിട്ട് എഴുതിയിരിക്കുകയാണ് ശ്രീകണ്ഠ ഭാഷ്യം അത്ഭുതപ്പെട്ടുപോയി ആ ശ്ലോകം കണ്ടപ്പോ എന്താ എങ്ങനെയാ ശിവനെ സ്തുതിക്കുന്നത് എന്ന് വെച്ചാൽ നമോ അഹം പദാർത്ഥായ ലോകാനാം സിദ്ധിഹേതവേ സച്ചിദാനന്ദരൂപായ ശിവായ പരമാത്മനേനാണ് അഹംപദത്തിന്റെ അർത്ഥമായിട്ടുള്ള ശിവന നമസ്കാരം എന്നാണ് സച്ചിദാനന്ദരൂപനായ ശിവന നമസ്കാരം ഞാൻ ഞാൻ എന്ന് യാതൊന്ന് ഉള്ളിൽ ദിവ്യനർത്തനം ചെയ്യുന്നു അതിന്റെ മൂലപ്പൊരുൾ അതിനെ അന്വേഷിച്ചു നോക്കിയാൽ ശിവൻ പ്രകാശിക്കും പുറമേക്ക് വരുന്ന ശിവൻ ഈ അഹംബോധത്തിൽ ഉണ്ടാവുന്ന ഒരല മാത്രമാണ് അത് വന്നിട്ട് പോകും പക്ഷേ അതിനധിഷ്ഠാനമായിട്ടുള്ള ശിവൻ നമ്മളിൽ ഇരിക്കുന്നു ഈ കാണുന്നവനിൽ ഇരിക്കുന്നു കാണപ്പെടുന്ന വസ്തുവല്ല അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായനമാ പുറമേക്ക് വിഷയങ്ങളെയൊക്കെ കാണുന്നു എങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നു കണ്ണുകൊണ്ട് എങ്ങനെ കാണും മനമാകുന്ന കണ്ണ് കണ്ണില്ലെങ്കിലും മനസ്സുകൊണ്ട് കാണും സ്വപ്നത്തിൽ പലതും മനസ്സിലുണ്ടാവുന്നതിനൊക്കെ കാണുന്നു അതിനു കണ്ണായിരുന്ന പൊരുൾ മനസ്സിനു പുറകിലും ഒരു കണ്ണുണ്ട് സുഷുപ്തിയിൽ മനസ്സില്ലാത്തതിനെയും അത് റെക്കോർഡ് ചെയ്ത് പറയുന്നു അപ്പോ മനമാകുന്ന കണ് അതിനു കണ്ണായിരുന്ന പൊരുൾ അതാണ് കണ്ണൻ എന്ന് ഭഗവാൻ പേര് എല്ലാത്തിനും കണ്ണായിട്ടുള്ളവൻ രമണ മഹർഷി അക്ഷരമണമാലയിൽ ഒരു പാട്ടൽ പാടി കണ്ണുക്ക് കണ്ണായി കൺഇൻ കാൺ ഉനൈ ണാചല എന്നാണ് ഹേ അരുണാചല കണ്ണിന് കണ്ണായി കണ്ണില്ലാതെ കാണുന്ന അങ്ങയെ കാണാൻ ആർക്ക് കഴിയും അവിടുന്ന് കാണുക എന്നാണ് പാട്ടിന്റെ അർത്ഥം കണ്ണിന് കണ്ണായി കണ്ണില്ലാതെ കാണുന്ന അങ്ങയെ കാണാൻ ആർക്ക് കഴിയും അതുകൊണ്ട് അങ്ങ് കാണുക എന്നാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ് അതിന് ബുദ്ധിയാവുന്ന കണ്ണ് എല്ലാത്തിനും പുറകിൽ പ്രജ്ഞാനേത്രോ വൈ ലോക എന്ന് ഉപനിഷത്ത് പ്രജ്ഞയാകുന്ന നേത്രം ആ പ്രജ്ഞയാകുന്ന നേത്രത്തിനെ കാണാൻ മറ്റൊരു കണ്ണില്ല അങ്ങനെ ഒരു കണ്ണുണ്ടെങ്കിൽ അത് ഇതിനെക്കാട് സൂക്ഷ്മമായി പോവും അതനന്തമായിട്ട് പോവും അപ്പൊ സ്വയമേവ കണ്ണാണ് ബോധം ബോധചക്ഷുസ് ആ ബോധചക്ഷുസിനെ കാണാൻ മറ്റൊരു കണ്ണില്ലാത്തതുകൊണ്ട് അത് സ്വയമേവ തന്നെ കാണണം സ്വയമേവ അത് അതാണ് മൂന്നാമത്തെ കണ്ണ് എന്ന് പറയുന്നത് നമ്മൾ ശിവന് മൂന്നാമത്തെ കണ്ണ് നെറ്റിയിലൊക്കെ വരത്തി വയ്ക്കും അത് കണ്ടാൽ നമുക്ക് ചിലപ്പോ പേപ്പറിലൊക്കെ കാണും അല്ലേ കുട്ടികൾ മൂന്ന് കൈയോടെ ജനിച്ചു നാല് കൈയോടെ ജനിച്ചു അതുപോലെ എന്തോ സ്പെഷ്യാലിറ്റി ആണോ മൂന്ന് കണ്ണ് മൂന്ന് കണ്ണ് എന്താ എല്ലാവരുടെ ഉള്ളിലുമുണ്ട് ഈ മൂന്നാമത്തെ കണ്ണ് ആ മൂന്നാമത്തെ കണ്ണ് മാത്രമാണ് യഥാർത്ഥ കണ്ണ് ആ കണ്ണാണ് ഈ രണ്ട് കണ്ണുകളിലൂടെ കാണുന്നത് ബോധചക്ഷുസ് ജ്ഞാനമാവുന്ന കണ്ണ് ആ കണ്ണിനെ കാണാൻ മറ്റൊരു കണ്ണ് വേണ്ട അത് സ്വയമേവ അറിയുന്നു സ്വബോധേ എന്ന അന്യബോധേച്ച ബോധരൂപതയാ ആത്മനഹ ദീപ അന്യദീപേച്ഛാ യഥാ സ്വാത്മപ്രകാശനേ ഒരു വിളക്ക് ഉണ്ടെന്നറിയാം മറ്റൊരു വിളക്ക് വേണ്ട അതുപോലെ ഈ ബോധമുണ്ട് എന്നറിയാം മറ്റൊരു ബോധം വേണ്ട അത് സ്വയം പ്രകാശം അതന്നെ ഗീതയിൽ ഭഗവാൻ ജ്യോതിഷാ അപ്പൊ തദ്തി തമസ പരം ഉച്ചം ജേയം ജ്ഞാനഗമ്യം ഹൃദി സർവ്വിഷ്ടം എന്ന് ഹൃദയത്തിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സെന്ററിൽ ഇരുന്നുകൊണ്ട് അറിവായിട്ടും അറിയപ്പെടുന്ന വസ്തുവായിട്ടും പരമാത്മജ്ഞാനം കൊണ്ട് അനുഭവിക്കേണ്ട സത്യമായിട്ടും അത് ഹൃദി സർവസ്യവിഷ്ഠിതം നമ്മളുടെ സെന്ററിൽ അത് വർത്തിക്കുന്നു ആ ബോധം ആ ബോധം നമ്മളുടെ സ്വരൂപം അതാണ് ഇവിടെ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ആ ചിതാനന്ദരൂപമായ ബോധത്തിനെ ശ്രദ്ധിച്ചാൽ അതല്ലാത്തതായതൊക്കെ വിട്ടുപോകും നമ്മൾ പറഞ്ഞു അക്ഷരത്തിനെ അറിഞ്ഞാലും പിന്നെയും വാസനകൾ രാഗം ദ്വേഷമൊക്കെ തടസ്സം ചെയ്യും എന്ന് പറഞ്ഞു പക്ഷേ ആ രാഗദ്വേഷങ്ങളെ ഒന്നും നീക്കാനായിക്കൊണ്ട് നമ്മൾ പ്രയത്നം ചെയ്യേണ്ട ആവശ്യമില്ല ഈ അക്ഷരത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നാൽ ബാക്കിയുള്ളതൊക്കെ ക്ഷരമൊക്കെ തനിയെ വിട്ടുപോയിക്കൊള്ളു യഥാ യഥാ പ്രത്യഗവസ്ഥിതം മനഹ തഥാ തഥാ മുഞ്ചതിബാഹ്യവാസനാഹം നിശേഷമോക്ഷേ സതിവാസനാഹം ആത്മാനുഭൂതി പ്രതിബന്ധശൂന്യം ആദ്യം ആത്മാനുഭൂതി ഉണ്ടാവുന്നു എങ്ങനെ ഞാൻ എന്നുള്ള ബോധം തെളിഞ്ഞു ചോലിക്കുന്നു പലർക്കും ഒരു ഗ്ലിംസ് കിട്ടും ഗ്ലിംസ് കിട്ടിയാലും നിലച്ചു നിൽക്കുന്നില്ല കാരണം എന്താ പിന്നെയും ഈ വാസനകൾ ചുറ്റും കാളിയും കൂളിയും വട്ടമിട്ട് നർത്തനം ചെയ്യുന്നു രാഗം ദ്വേഷം മതം മാത്സര്യമൊക്കെ അപ്പൊ അതിനെയൊക്കെ എന്ത് ചെയ്യും അതിനോട് ശണ്ട കൂടേണ്ട ആവശ്യമില്ല നിഷേധിക്കാതാണ് അതാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത് എന്നിൽ രാഗമോ ദ്വേഷമോ മതമോ മാത്സര്യമോ യാതൊന്നുമില്ല ചിദാനന്ദരൂപമായ ബോധമാണ് ഞാൻ ഈ രാഗദ്വേഷമൊക്കെ കാണുന്നതോ അതൊന്നും എന്നിലില്ല അതൊക്കെ മനസ്സിലാണോ ഉള്ളത് രാത്രി ഉറങ്ങിക്കഴിയുമ്പോ മനസ്സടങ്ങി കഴിയുമ്പോ ഇതൊന്നും കാണാനില്ല മനസ്സ് പൊന്തുമ്പോ ഒക്കെ പൊന്തുണു അപ്പൊ ഇതൊക്കെ മനസ്സിന്റെ ആണോ എന്റെ അല്ല എന്നിൽ ഇതൊന്നുമില്ല ഇതൊക്കെ മനസ്സിലാണോ ഉള്ളത് എന്നിലല്ല നോക്കണം ഇതാണ് ഡയറക്ടായിട്ടുള്ള മാർഗം ആദ്യമൊക്കെ നമ്മൾ കുറച്ച് ശുദ്ധമാക്കി മനസ്സിനെ നിയന്ത്രിച്ച് വേണം പിന്നീട് യു ഹാവ് ടു ഡിനൈ ഇതൊന്നും വാസ്തവമല്ല ഇതൊന്നും എന്നിലില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ഭസ്മമായി പോകും എഴിഞ്ഞു പോകും ഇതൊന്നും എന്നിലില്ല ഞാൻ ശുദ്ധബോധസ്വരൂപനാണ് പരമപരിശുദ്ധനാണ് വിവേകാനന്ദ സ്വാമികൾ അതാണ് പറഞ്ഞത് ഞാൻ പാപി പാപി എന്ന് വിചാരിച്ചാൽ പാപിയായിട്ട് പോകും നിങ്ങൾ പരമപരിശുദ്ധരാണ് ഞാൻ ശുദ്ധബോധസ്വരൂപനാണ് ആത്മാവാണെന്ന് ധരിച്ചാൽ ആത്മതത്വം പ്രകാശിക്കും എപ്പോഴും പാപി പാപി എന്ന് വിളിച്ചോണ്ടിരുന്നാൽ പാപിയായിട്ട് തീരും എന്ത് വിചാരിക്കണമോ അതായിട്ട് തീരും അപ്പൊ എന്തിനീ അങ്ങനെ വിചാരിക്കണം സ്വയം സ്വസ്വരൂപത്തിനെ ധ്യാനിക്കാം അതാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം രാഗം ദ്വേഷം എന്നിലില്ല മനസ്സിലാണ് മതം ആത്സര്യം ഇതൊന്നും എന്റെ സ്വരൂപമല്ല ഞാൻ ആത്മാവാണ് നിരന്തര ധ്യാനം കൊണ്ട് അത് സിദ്ധിച്ച പോലെ ഭാവിക്കാൽ ഭാവിക്കൽ കള്ളമല്ല അത് സത്യമാണ് അതുകൊണ്ട് അപ്പൊ ആ ബോധത്തിനെ ശ്രദ്ധിക്കുന്നു ബോധത്തിനെ തെളിച്ചെടുക്കുന്നു അതിൽ യാതൊന്നും സ്പർശിക്കുന്നില്ല കർത്തൃത്വം ഭോക്തൃത്വം യാതൊന്നും കർത്തൃത്വം ഭോക്തൃത്വമാണ് പുണ്യവും പാപവും ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കർത്താവാണ് എന്ന് ധരിക്കുമ്പോ നല്ലത് ചെയ്താൽ പുണ്യം ചീത്ത കാര്യങ്ങൾ ചെയ്താൽ പാപം പുണ്യപാപങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥിതി വരികയേയില്ല എത്രകാലം കർത്തൃത്വമുണ്ടോ അത്രകാലം പുണ്യവും പാപവും വരും പുണ്യം സ്വർണച്ചങ്ങലയാണ് പാപം ഇരുമ്പു ചങ്ങലയാണ് രണ്ടും നമ്മളെ ബന്ധിക്കും ഇരുമ്പ് ചങ്ങല എങ്ങനെ ബന്ധിക്കോ അതുപോലെ തന്നെ സ്വർണ്ണച്ചങ്ങല ബന്ധിക്കും ഇരുമ്പിനേക്കാളും ഘനം കൂടിയ ലോഹമായതുകൊണ്ട് ഒന്നുകൂടെ ബലമായിട്ട് കെട്ടിയിടും പിന്നെ സ്വർണ്ണമായതുകൊണ്ട് നമ്മൾ അത്ര ഉപേക്ഷിക്കില്ല ഇരുമ്പാണെങ്കിൽ ഉപേക്ഷിച്ചു വരും പുണ്യത്തിനെ ഉപേക്ഷിക്കാൻ വളരെ വിഷമാണ് അപ്പൊ രണ്ടും നമ്മളെ ബന്ധിക്കും രണ്ടും നമ്മളെ ബന്ധിക്കും പുണ്യവും ബന്ധിക്കും പാപവും ബന്ധിക്കും ഇത് രണ്ടും നമ്മളുടെ സ്വരൂപമല്ല വിഭാഗ പുണ്യാനാം ഭർത്തൃഹരി ഒരിടത്തും പറയുന്നു അതിനെ ആലോചിച്ചാലും എനിക്ക് പേടി തോന്നണമെന്നാണ് ആത്മാനുഭവത്തിന് പകരം പുണ്യം ചെയ്ത് സ്വർഗത്തിൽ പോയി ഇരിക്കേണ്ട ഗതികേട് വന്നു പോയി അപ്പോ പുണ്യം പാപം ഇതൊക്കെ ശരീരത്തിലും മനസ്സിലുമാണ് എന്നിലില്ല ന പുണ്യം നൗഖ്യം നുഃഖം നോ ന തീർത്ഥം നേദ അഹം ഭോജനം നൈവോജ്യം നോക്ത സിദാനന്ദ ശിവോഹം ശിവോഹം നാപം പുണ്യവും പാപവും യാതൊന്നും എന്നെ ബന്ധിക്കുന്നില്ല ഞാൻ കർത്താവ് എന്നുണ്ടെങ്കിലല്ലേ പുണ്യപാപബന്ധനം ഈ കർത്തൃത്വം ആർക്കാണ് ഞാൻ ഞാൻ എന്ന് പറയുന്നത് എന്താണ് ചിലപ്പോൾ പുണ്യം ചെയ്താൽ ധാരാളം അഹങ്കാരം ബലപ്പെടും ഞാനിതൊക്കെ ചെയ്യുന്ന ആളാണ് തോന്നും പാപം ചെയ്യുന്നവർ ചിലപ്പോ അയ്യോ ഞാനിങ്ങനെ ചെയ്യുന്നുവല്ലോ എന്ന് പശ്ചാത്തലപിക്കും എന്നുവെച്ചാൽ അതിനുപോയി പാപം ചെയ്യണമെന്ന് അർത്ഥമല്ല അന്വേഷിക്കുക ഈ കർത്താവ് ആരാണ് ഈ കർത്തൃത്വം എവിടുന്ന് പൊന്തുന്നു അതിന്റെ ചലനം എങ്ങനെ ഉണ്ടാവുന്നു അതെത്ര കണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്നു അഹം കർത്താഭോക്ത നർത്തൃത്വം നർമാണി ലോകതി പ്രഭുഹു നർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത എല്ലാവരും ഭഗവത്ഗീതയിൽ ഈസി ആയിട്ട് കൊട്ടേഷൻ കൊടുക്കും കൃഷ്ണൻ ഗീതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അവരവരുടെ ഡ്യൂട്ടി ചെയ്യുക അതുകൊണ്ട് ഞങ്ങൾക്ക് സത്സംഗമൊന്നും വരാൻ സമയമില്ല ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുകയാണ് എന്താ ചെയ്യണം വീട്ടിൽ ടി വി നോക്കിക്കൊണ്ടിരിക്കൂ അത് തന്നെ ഡ്യൂട്ടി ആ കൃഷ്ണൻ പറയുന്നു ഡ്യൂട്ടിയല്ല തനിക്ക് ഡ്യൂവർഷിപ്പേ ഇല്ല എന്നിട്ട് വേണ്ട ഡ്യൂട്ടി ഡ്യൂട്ടി വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുമോ എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യണമെന്ന് രാത്രി ആൾ ക്ലോസായാൽ ആര് ഡ്യൂട്ടി ചെയ്യും ഡ്യൂട്ടി ഡ്യൂട്ടി എന്ന് പറയണമല്ലോ നമുക്ക് ഡ്യൂട്ടി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ ഈ ചെയ്യുന്നവൻ ആരാണ് ഈ ചെയ്യുന്നവൻ ആരാണ് അപ്പൊ ഈ ചെയ്യുന്നവനെ മറന്നു കളഞ്ഞിട്ടാണ് ചെയ്യുന്നു ചെയ്യുന്നു ഭാവം അതാണ് ഭഗവാൻ പറഞ്ഞത് അവിദ്യയെ പറയാണ് നർത്തൃത്വം നർമാണ് ഒരു ജീവനും ഈശ്വരൻ കർത്തൃത്വവും കൊടുത്തിട്ടില്ല കർമ്മവും കൊടുത്തിട്ടില്ല കർമ്മത്തിനും ഫലം കിട്ടിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധമില്ല കർമ്മഫല സംയോഗം കർമ്മവും ഫലവുമായിട്ടുള്ള സംയോഗവും വരുത്തിവെച്ചിട്ടില്ല പിന്നെ എന്താ ഈ ലോകത്തിലേ കാണുന്നത് നമ്മളിവിടെ എവിടെ നോക്കിയാലും കർമ്മമാണല്ലോ സ്വഭാവസ്തുപ്രവർത്തത ഓരോരുത്തരുടെ പ്രകൃതി അവരെ ചൊഴറ്റ പ്രകൃതി പിടിച്ചു ചുഴറ്റും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു പ്രകൃതി പിടിച്ച് ചുഴറ്റാണ് സ്വഭാവസ്തുപ്രവർത്തന സ്വഭാവം എന്ന് വെച്ചാൽ എന്താ ന ആദത്തെ കസ്യചിത് പാപം നജൈവ സുഹൃതം വിഭുഹു ഒരാൾക്കും പാപത്തിനെയോ പുണ്യത്തിനെയോ ഭഗവാൻ പാക്കറ്റിലിട്ട് കൊടുക്കണില്ല പിന്നെ ഈ പാപപുണ്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതോ അജ്ഞാനേനാവൃത്തം ജ്ഞാനം തിന്തവാ ഞാൻ കർത്താവല്ല ഞാൻ ഭോക്താവല്ല നിത്യശുദ്ധ ബുദ്ധമുക്തസ്വരൂപമായ വസ്തുവാണെന്നുള്ള അനുഭൂതി അജ്ഞാനം കൊണ്ടും മറിയപ്പെട്ടിരിക്കുന്നത് ജന്തുക്കൾ നമ്മളെ പറയാ ജന്തു ഞാനല്ല കൃഷ്ണൻ നമ്മളാരെങ്കിലും ചീത്ത വിളിക്കാൻ ജന്തു എന്ന് പറയും അല്ലെ ക്രീച്ചർ ജന്തു എന്ന് വെച്ചാൽ ജായതേ ഇതി ജന്തു ജനിച്ചതൊക്കെ ജന്തുവാണ് അജ്ഞാനേനാവൃത്തം ജ്ഞാനം തേന മുഹ്യന്തി മുഹ്യന്തി എന്ന് വെച്ചാൽ മോഹം ഗച്ഛന്തി ജന്തുവഹാണ് ജന്തുക്കൾ വിഷമിക്കുന്നു ദുഃഖിക്കുന്നു അപ്പൊ ഈ ദുഃഖം എങ്ങനെ മാറിക്കിട്ടും ജ്ഞാന തദജ്ഞാനം യാം നാശിതം ആത്മന തേശാം ആദിത്യവ്ഞാനം പ്രകാശയതി തത്പരം ജ്ഞാനം കൊണ്ട് ഗുരുപദേശം കൊണ്ടോ ഒരു സദ്ഗുരുവിന്റെ കൃപ കൊണ്ട് ആരിൽ ജ്ഞാനം പ്രകാശിച്ചു തുടങ്ങിയോ തേഷാം അജ്ഞാനം നാശിതം ആത്മാവിനെ മറച്ചിരിക്കുന്ന മേഘത്തിനെ കാറ്റുകൊണ്ടുപോകും ആ മേഘത്തിനെ ആരു കൊണ്ടുവന്ന് നിർത്തിയവിടെ കാറ്റ് തന്നെയോ കൊണ്ടുവന്ന് നിർത്തിയത് വായുനാ ആനീയത്തെ മേഘ പുനസ്തേനവ നീയത്തെ മനസ്സാ കൽപ്യത്തെ ബന്ധ മോക്ഷസ്തേനവ കൽപ്യത മനസ്സ് തന്നെ ബന്ധം കൽപ്പിക്കുന്നു മനസ്സ് തന്നെ മുക്തനുമാക്കുന്നു മനസ്സ് എന്ത് ചെയ്യുന്നു അജ്ഞാനത്തിനെ കൊണ്ടുവന്ന് യഥാർത്ഥ സ്വരൂപം ഞാൻ ഞാൻ ഞാൻ എന്നുള്ള അനുഭവത്തിനെ ശുദ്ധപ്രജ്ഞയെ മറിച്ച് അതിന്റെ മേലെ കൽപ്പനകൾ കൊണ്ടുവന്ന് രാഗദ്വേഷങ്ങൾ കൊണ്ടുവന്ന് ഞാൻ പുരുഷനാണ് സ്ത്രീയാണ് ധനികനാണ് ദരിദ്രനാണ് രാഗദ്വേഷങ്ങൾ ഉള്ളവരാണ് ഇങ്ങനെ ആയിരം ആയിരം ആയിരം വികൽപ്പങ്ങൾ പൊന്തിച്ചുകൊണ്ടുവരും ഇനി ഉണ്ണണം ഉറങ്ങണം പല വ്യവഹാരങ്ങൾ ചെയ്യണം എന്ന് തോന്നുന്നത് കൊണ്ട് സ്വരൂപം അറിയണില്ല ഉണരണം ഉറങ്ങണം ഇനി ഉണരണം ഉറങ്ങണം ഭുജിച്ചീടണം അശനം പുണരേണം എന്നീ വണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരൂപം ഇനി ഉണ്ണണം ഇനി ഉറങ്ങണം ഇനി ഭോഗങ്ങൾ അനുഭവിക്കണം എന്നിങ്ങനെ അത് ചെയ്യണം ഇത് ഈ ചെയ്യുന്നതല്ല ചെയ്യണം എന്നുള്ളതാണ് തെറ്റ് എന്ത് നടക്കണമോ അത് പ്രകൃതി ആ നടക്കുന്നത് അല്ലാതെ ഉണ്ണാനോ ഉറങ്ങാതെ ആരിരിക്കുന്നു ഉണ്ണുന്നു ഉറങ്ങുന്നു എല്ലാം നടക്കുമ്പോഴും അതിൽ ഈ അഹംകൃതി പൊന്തി ഞാൻ ഉണ്ണണം ഞാൻ ഉറങ്ങണം ഞാൻ അനുഭവിക്കണം ഞാൻ പുണ്യം ചെയ്യണം ഞാൻ പാപം ചെയ്തു ഈ ഞാൻ അതിനകത്ത് കൂടിയിട്ട് ആരുണരുവതുള്ളൊരു നിർവികാരൂപം എന്നാണ് ആരീ നിർവികാരൂപത്തിന് ഉണരുന്നു വികാരമാവുന്ന ഈ അഹംകൃതി പൊന്തി വന്നിട്ട് നിർവികാരത്തിനെ ഉണരരുതിനി ഉറങ്ങിടാതിരുന്നിടേണം അറിവായി അതിനിന്ന് അയോഗ്യനെന്നാൽ ആദ്യത്തെ പടി ഉപദേശിച്ചു അറിവായി നിൽക്കണം എന്നാണ് ഉറങ്ങുകയൂ വരുത് ഉണരരു ഉണരുകയൂ വരുത് ഭജിക്കുകയും വരുത് ഉണരുകയൂ വരുത് എന്ന് വെച്ചാൽ ഇതൊന്നും ഞാൻ ചെയ്യണൂ എന്നുള്ളത് പൊന്തി വരികയേ അരുത് ശരീരം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല അഹങ്കാരം ഞാനല്ല അതൊക്കെ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ പ്രകൃതി എന്തൊക്കെയോ നടക്കുന്നു ഞാൻ ആരാണ് എന്നുള്ള വിചാരം ഒരു ക്ഷണം പോലും വിടാതെ ഉള്ളിലുണ്ടെങ്കിൽ അഹങ്കാര ഉദിക്കാത്ത ബോധാനുഭവത്തിൽ നിന്നുകൊണ്ടേ ഞാൻ എന്താണ് ഞാൻ എന്താണ് ഞാൻ ഞാൻ എന്ന് ചലിക്കുന്നതിനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ ശാന്തി തെളിഞ്ഞു ജ്വലിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോ അറിവായി നിൽക്കുന്നു നമ്മൾ അറിവായി നിൽക്കുമ്പോ എന്ത് പ്രവൃത്തി നടന്നാലും ആ പ്രവൃത്തികളൊന്നും ഒരു പ്രവർത്തകനെ ഉണ്ടാക്കില്ല ആ ശ്രദ്ധ അവിടുന്ന് പതറിയാൽ ഓരോ പ്രവൃത്തിയും ഓരോ ചലനവും ഒരു കർത്താവിനെ അവിടെ ഉണ്ടാക്കും അതാണ് പ്രത്യക്ഷ സ്ഥിതി എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു ഞാതെ വസ്തുനി അഭിബലവതീവാസന ഒരിക്കൽ അറിഞ്ഞാൽ പോലും ബലവതീ വാസന എന്ത് ചെയ്യും വാസന പൊന്തി വന്നിട്ട് കർത്താ ഭോക്താ പി അഹമിത്തി ഞാൻ കർത്ത ഞാൻ എന്ന് പൊന്തിവരും ദൃഢായാസ്യ സംസാരഹേതുഹു അതാണ്വന്റെ സംസാര ദുഃഖത്തിന് കാരണം അതിനെങ്ങനെ ഇല്ലാതാക്കും പ്രത്യക് ദൃഷ്ടിയാ നിവസത പ്രത്യക് ദൃഷ്ടി സാക്ഷി മാത്രമായി കർത്തൃത്വഭോക്തൃത്വങ്ങളൊന്നും ഇല്ലാത്ത തന്റെ ഒരു സ്ഥിതിയിൽ താൻ ഒരു വെറും ഒരു യന്ത്രം മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നിലൂടെ നടക്കുന്ന ആ പ്രോസസ് എവറിത്തിങ് ഈസ് ഹാപ്പനിങ് നത്തിങ് ഈസ് ഡൺ ദർ ഇസ് നോ ഡൂവർ നോ ഡൂയിങ് ഓൺലി ഹാപ്പനിങ് നടക്കുന്നു പലതും നടക്കുന്നു നടത്തുന്നവൻ ഇല്ല പലതും ചെയ്യുന്നു ചെയ്യുന്ന ആളില്ലാത്ത ആ സ്ഥിതിയിൽ പ്രകൃതി അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നാൽ ബന്ധമുണ്ടാവില്ല ഇതിന് വയ്യെങ്കിലാണ് രണ്ടാമത്തെ പാദത്തിൽ അവിടെ പറഞ്ഞു പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞുവാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം പ്രണവമുണർന്ന് വെച്ചാൽ ബ്രഹ്മബോധമുണർന്ന് ജ്ഞാനികളുടെ സമ്പർക്കത്തിൽ ഇരുന്നാലും കർത്തൃത്വം പതുക്കെ പതുക്കെ പതുക്കെ ക്ഷയിച്ചു കിട്ടും സത്സംഗം പക്ഷേ ആദ്യത്തെ പ്രാമുഖ്യം സദാ അന്വേഷിക്കാം ഓരോ വിഷമങ്ങൾ വരുമ്പോഴും കർത്തൃത്വം കൊണ്ട് വിഷമിക്കുമ്പോൾ അപ്പൊ അന്വേഷിക്കുക ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് ഞാൻ ഞാൻ എന്ന് പറയുന്നത് എന്താണ് അന്വേഷിച്ചു നോക്കാം വിചാരം ചെയ്തു നോക്കാം അങ്ങനെ വിചാരം ചെയ്തു നോക്കുമ്പോ ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം നമ്മളുടെ ലോകത്തിലുള്ള നിയമത്തിനനുസരിച്ചല്ല വിമുക്തി ആരാദ്യം കർത്തൃത്വത്തിനെ വിടുന്നു അയാൾ വിമുക്തനാകും എത്ര പുണ്യമാനാണെങ്കിലും കർത്തൃത്വം വിട്ടിട്ടില്ലെങ്കിൽ വിമുക്തനാവില്ല അഭിചേത് സുദുരാചാര പരമദുരാചാരിയാണെങ്കിലും ഞാൻ കർത്താവാണെന്നുള്ളത് എപ്പോ വിടുന്നു അപ്പോ വിമുക്തനാവും എപ്പൊ ശരണാഗതി ചെയ്യുന്നു അപ്പോ വിമുക്തനാവും എത്ര പുണ്യവാനാണെങ്കിലും ശരണാഗതി ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ബന്ധത്തിൽ തന്നെ കിടക്കും കർത്തൃത്വനാശം ഉണ്ടായിട്ടില്ലെങ്കിൽ ബന്ധത്തിൽ തന്നെ കിടക്കും അപ്പൊ കർത്തൃത്വനാശമാണ് സമാധി കർമ്മമൊക്കെ നടക്കുന്നു പക്ഷേ കർത്താവ് ആരാണ് ഈ ശ്രദ്ധ പ്രത്യക് ദൃഷ്ടി ഉള്ളിലുള്ളപ്പോ കർത്താവില്ലാതെ കർമ്മം നടക്കും ഞാൻ കർത്താവല്ല ഞാൻ ഭോക്താവല്ല പ്രകൃതി എന്തൊക്കെയോ ചെയ്യുന്നു പ്രകൃതി ഇതിലൂടെ ഒഴുകുന്നു അവിടെ കർത്തൃത്വഭോക്തൃത്വമില്ലാതെ പ്രവൃത്തി നടക്കുമ്പോ ന പുണ്യം ന പാപം ന സൗഖ്യം നുഃഖം ന മന്ത്രോ ന തീർത്ഥം നേതാഹ അഹം ഭോജനം നൈവോജ്യം നോക്ത ചിദാനന്ദ ശിവോഹം ശിവോഹം പുണ്യം നലയാം നാപം പാപമ്യം നൗഖ്യം സൗഖ്യമില്ല ദുഃഖം ദുഃഖമില്ല മന്ത്രം മന്ത്രമില്ല ന തീർത്ഥം തീർത്ഥമില്ലേദങ്ങളില്ല ഓ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ ഇങ്ങനെയൊക്കെ പറഞ്ഞാലാണ് എന്തിനേയും സിദ്ധാന്തമാക്കിയാൽ കുഴപ്പമായിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് സിദ്ധാന്തം ചെയ്യാനല്ല വിവേക ചൂടാമണിയിൽ പറയുന്നു അജ്ഞാനമാവുന്ന പാമ്പ് കടിച്ച് വിഷം തലയ്ക്ക് കയറാൻ നിൽക്കുമ്പോ മന്ത്രം പഠിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം ഭജഗോവിന്ദം ഭജോവിന്ദം ബ്രഹ്മജ്ഞാന ഔഷധം വിനാ കിം മന്ത്രൈശ് ശാസ്ത്രീശ് കിം ഔഷധൈ അജ്ഞാന സർപ്പദഷ്ടജ്ഞാനമാവുന്ന പാമ്പ് കടിച്ചിട്ട് ഞാൻ കർത്ത ഞാൻ ഭോക്ത എന്ന് പറഞ്ഞു അവിടെ ചികിത്സിക്ക ചികിത്സ എവിടെയാണോ വേണ്ടത് അവിടെ ചികിത്സിച്ചു നോക്കുമ്പോ ശുദ്ധമായ പ്രജ്ഞ ബ്രഹ്മം പ്രകാശിക്കുന്നു ബ്രഹ്മത്തിന് മന്ത്രം കൊണ്ട് എന്ത് പ്രയോജനം തന്ത്രം കൊണ്ട് എന്ത് പ്രയോജനം വേദം കൊണ്ട് എന്ത് പ്രയോജനം പുണ്യം കൊണ്ട് എന്ത് പ്രയോജനം പാപം കൊണ്ട് എന്ത് പ്രയോജനം ശുദ്ധമായ ശിവം അവിടെ പ്രകാശിക്കുന്നു ഊണ് കഴിക്കുമ്പോ നോജനം ഭോജനം ഇവിടെ എന്താ വിശപ്പ് തന്നെയാണ് ഭോജനം വിശപ്പ് ഭോജനമാണ് ഉപനിഷത്ത് പറയുന്നു ഉള്ളിൽ വിശപ്പ് വന്നപ്പോ വെളിയിൽ ആഹാരം ഉണ്ടായി എന്നാണ് ോജനവും വിശപ്പും ഒന്നാണ് ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ വെളിയിൽ അതിനെ സപ്ലൈ ഉണ്ടാവും ഉള്ളിൽ മുക്തി വേണമെന്നാഗ്രഹമുണ്ടോ വെളിയിൽ ഗുരുവരും എല്ലാം അങ്ങനെയാണ് നമ്മൾ തന്നെ സൃഷ്ടിക്കാണ് ഭോജനം വിശപ്പ് ഉള്ളിൽ ഉണ്ടായപ്പോ ആഹാരം പുറമേക്കുണ്ടായി അഥവാ ആഹാരം പുറമേ രണ്ടും സൈമൾട്ടനിയേഴ്സ് അപ്പൊ ഭോജനം എന്ന് വെച്ചാൽ വിശപ്പ് തന്നെ ഭോജനം എന്റെ ഉള്ളിൽ വിശപ്പുണ്ടാവുന്നു വിശപ്പ് ഞാനല്ല വിശപ്പ് ഞാനല്ല അഹംഭോജനം നൈവോജ്യം മുമ്പിൽ അന്നമുണ്ട് ഇത് ഭോജനം അത് ബോജ്യം ഭോജ്യമായിട്ടുള്ള അന്നമുണ്ട് ആ അന്നവും ഞാനല്ല നടക്കുന്നു പ്രകൃതിയിൽ അഹംഭോജനം നൈവോജ്യം ഈ ഊണ് കഴിക്കുന്ന ആളോ നഭോക്താം ഇത് അന്നത്തിൽ മാത്രമല്ല എല്ലാ അനുഭവങ്ങളിലും എന്ത് അനുഭവങ്ങൾ നടക്കുമ്പോഴും ഒരു ഭോഗവും ഞാൻ ചെയ്യണു എന്ന് പറ്റിക്കൂടാതിരുന്നാൽ സകല ഭോഗങ്ങളും വിട്ടുപോകുന്നു ആളുകൾക്ക് സംശയമുണ്ടാവും ഇങ്ങനെ വിചാരിച്ചാൽ ആളുകൾ പാപം ചെയ്യില്ലേ ഒരു പാപവും ചെയ്യാൻ പറ്റില്ല പ്രകൃതിക്കനുസരിച്ചായിത്തരും തന്റെ അഹങ്കാരം പോയിക്കഴിഞ്ഞാൽ നമ്മളുടെ കൺട്രോൾ പ്രകൃതിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഏതൊരു മഹാശക്തിയുണ്ടോ ആ ശക്തിയുടെ കയ്യിലായാൽ എന്ത് നടക്കണമോ അതേ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ അർജുനൻ ചെയ്യുന്നത് മഹാബാബുവല്ലേ എത്ര പേരെ യുദ്ധം ചെയ്യാനാണ് ഭഗവാൻ പറയണത് ഭഗവാൻ പറഞ്ഞു തന്റെ ബുദ്ധിയിലുള്ള ഈ ചിന്തകളും കുഴപ്പങ്ങളും ഒക്കെ മാറ്റിയിട്ട് നിമിത്തമാത്രം ഭവസവ്യസാചിന്നു തന്നെ കൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല എതി അഹങ്കാരമാശ്രിത്യ നയോത്സഹിതി മന്യസേ മിഥ്യേഷ്യവസായസ്തേ പ്രകൃതിഹീത്വാം നിയോക്ഷ്യ അഹങ്കാരം കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് വിചാരിക്കാൻ യു ഹാവ് നോ ചോയ്സ് ടു റിനൌൺസ് you will be driven to action. അപ്പൊ എന്തിനാ വെറുതെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത് ഈ ഞാൻ ആരാണ് ഈ ഞാൻ ജയില്ല എന്ന് പറയുന്നത് ഞാനേ തന്റെ കയ്യിലില്ല അത് തന്നെ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് ഞാൻ ജയില്ല എന്നൊക്കെ പറയുന്ന ഈ അഹങ്കാരം തന്നെ ആ അജ്ഞാനത്തിനെ ഉപേക്ഷിച്ച് നിമിത്തമായിട്ട് തീരൂ എന്റെ കയ്യിൽ ഒരു യന്ത്രമായിട്ട് തീരൂ എന്തു നടക്കണമോ നടക്കട്ടെ എന്നാണ് നിമിത്തമാത്രം ഭവ ചിൻ നുഃഖം സുഖം വരുന്നു ദുഃഖം വരുന്നു സുഖദുഃഖം ഞാൻ സർവാ അഖിളാ ത്രിപുട്യഞ്ചിത് സമാശ്രിത് വിഭാഗി വസ്തു തന്മാർഗേ സളിതം സമസ്തം നശ്യതം സത് ചലനം കീ എല്ലാ ദ്വന്ദ്വങ്ങളും തണുപ്പ് ചൂട് സുഖം ദുഃഖം നല്ലത് ചീത്ത അതേപോലെ ത്രിപുടി ജീവൻ ജഗത്ത് ഈശ്വരൻ ഗുരു ശിഷ്യൻ പാഠം ഇതൊക്കെ തന്നെ ഈ ത്രിപുടികളും ദ്വന്ദ്വങ്ങളും ഒക്കെ തന്നെ അഹങ്കാരമുള്ളത്തോളമേ ഉള്ളൂ അഹങ്കാരത്തിനെ മൂലാന്വേഷണം ചെയ്ത് അധിഷ്ഠാനമായ സത്തയെ കണ്ടെത്തുമ്പോൾ ഇതൊക്കെ അപ്രത്യക്ഷമാവും ദ്വന്ദ്വങ്ങളും പോയി ത്രിപുടികളും പോയി എല്ലാം പോയി ഓങ്കാരമായ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായി അതിനു താൻ തന്നെ സാക്ഷി ആ സാക്ഷി അവിടെ നിൽക്കണം ആ സാക്ഷിയെ കണ്ടെത്തുമ്പോ ഈ മൂന്ന് പോയി ഒന്നായിട്ട് തീരും വീണ്ടും ഏകമേവ അദ്വിതീയം നേഹ നാനാസ്ഥി കിഞ്ചന നാനാത്വം അല്പവുമില്ലാത്ത ബോധാനുഭവം ചൈതന്യാനുഭവം ഉള്ളിലുണ്ടാവും ആ ചൈതന്യാനുഭവമാണ് ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ഇത് നമുക്ക് ധ്യാനിക്കാനാണ് യാതൊന്നുകൊണ്ടും ബാധിക്കാതിരിക്കാനായിട്ട് കർത്തൃത്വം നമ്മളെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട് ലൂവർഷിപ്പ് നമ്മളെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട് കൺസെപ്റ്റ് പോലെ ആത്മവിചാരം വേണം കോൺസെപ്റ്റ് നമുക്ക് തൽക്കാല സമാധാനം തരും യാതൊന്നും ബാധിക്കില്ല എന്ന് പറയണത് അത് പറയാം വിചാരം വേണം യു ഹാവ് ടു ഗോ ടു ദ സോഴ്സ് അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്യണം അല്ലെങ്കിൽ അത് പൊന്തി വന്നിട്ട് വിക്ഷേപശതം കരോത്തി ഒരു ക്ഷണ മറന്നു കഴിഞ്ഞാൽ ഞാൻ എന്ന് പിന്നെയും പൊന്തി വരും അനേക ഉണ്ടാക്കി എല്ലാം മറച്ചു കളയണം സംസാരവൃക്ഷം പൊന്തി വരും സംസാരവൃക്ഷത്തിന്റെ വേരല്ല വിത്താണ് ഈ അഹങ്കാരം അജ്ഞാനം രാമസ്വാത്മവിചാരോയം കോഹം സ്യാമിതി രൂപക ചിത്ത് ദുർദ്രുമബീജസ് ദഹനേ ദഹനസ്മൃത യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠൻ പറയുന്നു ഹേ രാമ ഞാൻ ആരാണ് എന്നുള്ള ഈ വിചാരമുണ്ടല്ലോ ചിത്തമാവുന്ന വൃക്ഷം ആ വൃക്ഷത്തിന്റെ വേരല്ല വിത്ത് വിത്ത് കത്തിക്കുന്ന അഗ്നിയാണെന്നാണ് ആ വിത്തിനെ എരിച്ചു കളയുന്ന അഗ്നിയാണ് ചുട്ടരിയ്ക്കുന്ന അഗ്നിയാണ് അപ്പോ ആ വിത്ത് അഹങ്കാരമാണ് അഹങ്കാരത്തെന്നാണ് ഈ സംസാരവൃക്ഷം പടർന്നു പന്തലിച്ചു നിൽക്കുന്നത് അപ്പോ അതിനെ അന്വേഷിച്ചു നോക്കുമ്പോ അഹങ്കാരത്തിന് സ്ഥാനമേയില്ല ശുദ്ധപ്രജ്ഞ ശിവം ബോധം അവിടെ തെളിഞ്ഞു പ്രകാശിക്കും ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം ന പുണ്യം ന ഞാൻ ആരാണ് എന്നുള്ള ഈ വിചാരമുണ്ടല്ലോ ചിത്തമാവുന്ന വൃക്ഷം ആ വൃക്ഷത്തിന്റെ വേറെല്ല വിത്ത് വിത്ത് കത്തിക്കുന്ന അഗ്നിയാണെന്നാണ് ആ വിത്തിനെ എരിച്ചുകളയുന്ന അഗ്നിയാണ് ചുട്ടരിക്കുന്ന അഗ്നിയാണ് അപ്പോ ആ വിത്ത്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 ന സൗഖ്യം ന ദുഃഖം നത്രോ നീർം നേദാ അഹം ഭോജനം നൈ ഭോജ്യം നോക്ത ചിദിവോഹം ശിവോഹം ഈ വാക്യൊക്കെ നടക്കുന്നത് പ്രകൃതിയുടെ മണ്ഡലത്തിൽ പ്രകൃതി കിട്ടി ഗുണൈ കർമാണിശ അഹങ്കാരവിമൂഢാത്മാ കർത്താ അഹം ഇതി മന്യതേ പ്രകൃതി സുഖം ദുഃഖം പുണ്യം പാപം മന്ത്രം തീർത്ഥം വേദം യജ്ഞം എല്ലാം കൊണ്ടുവരുമ്പോ അതിനകത്ത് അജ്ഞാനം കടന്നുകൂടിയിട്ട് കർത്താ അഹം ഇതി മന്യതേ ഞാൻ കർത്താവാണ് എന്ന് തോന്നിപ്പോ ഈ കർത്താവാണെന്ന് തോന്നുന്ന ഈ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചു നോക്കുമ്പോ കർത്തൃത്വമില്ല തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹോ ഗുണാഗുണേഷു വർത്തേ ഇതിമത്വന സജ്ജത പ്രകൃതിയുടെ പ്രവർത്തനത്തിലൊന്നും ഞാൻ എന്ന് പറഞ്ഞു പറ്റിക്കൂടിയിട്ടില്ലെങ്കിൽ ഒട്ടിച്ചേർന്നിട്ടില്ലെങ്കിൽ ചിദാനന്ദരൂപമായ ശുദ്ധപ്രജ്ഞ ശിവം അവിടെ ജ്വലിക്കും അവിടെ പ്രകാശിക്കും ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഈ അഹങ്കാരത്തിന്റെ ചലനത്തിനെ അന്വേഷിച്ച് മൂന്ന് മണ്ഡലം നമ്മൾ ഇന്നലെ പറഞ്ഞു അഹംകാരം അഹം സ്ഫൂർത്തി അഹംബോധം അഹങ്കാരം തേടി ചെല്ലുമ്പോ അഹം സ്ഫൂർത്തി അഥവാ ചിത് ശക്തിയായിട്ട് നമ്മളുടെ ഉള്ളിൽ പ്രകാശിക്കും ക്രമേണ ശാന്തി അഹംബോധം ഇത് നമ്മള് ഒരു യോഗം പോലെ അനുഷ്ഠിക്കണം കുറെ കാലം അനുഷ്ഠിച്ചാൽ ശ്വാസപ്രശ്വാസം പോലെ നമുക്കത് സഹജമായിട്ട് തീരും നമ്മൾ എന്തെങ്കിലുമൊക്കെ ജപം ചെയ്യുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഈ ജപിക്കുന്ന ഞാൻ ആരാണ് അനേക വിഷമങ്ങൾ ഉള്ളിൽ തോന്നുമ്പോ ഏകാന്തത്തിലിരുന്ന് കുറെ നേരം ജപിക്കാം ജപിച്ചിട്ട് ഈ വിഷമങ്ങളൊക്കെ ആർക്ക് തോന്നുന്നു നോക്കിയാൽ എല്ലാ വിഷമങ്ങൾക്കും ഒരു സെന്ററെ ഉള്ളൂ ഞാൻ എന്റെ വിഷമങ്ങൾ എന്റെ പ്രശ്നങ്ങൾ എന്റെ പ്രോബ്ലംസ് ബാക്കി സുനാമിയൊന്നും എനിക്ക് പ്രശ്നമല്ല എന്റെ കുടുംബത്തില് പ്രശ്നം വന്നാലേ എനിക്ക് കുഴപ്പമുള്ളൂ അപ്പോ പുറമേക്ക് നടക്കുന്നതൊന്നുമല്ല എന്നെ ബാധിക്കുന്നതാണ് എന്റെ പ്രോബ്ലം അപ്പൊ ഈ എന്നെ എന്റെ പ്രശ്നം എനിക്ക് വന്നു ചലനത്തിനെ ശ്രദ്ധിച്ചാൽ അതാണ് ഫസ്റ്റ് ഇന്റിമേഷൻ ഉള്ളിലേക്ക് പോകാനുള്ള ഫസ്റ്റ് ഡോർ ടു എന്റർ ടു ദ സോഴ്സ് അതിലത്തെ ഫസ്റ്റ് ദ്വാരമാണ് ആ ഒരു ചലിക്കുന്ന സ്ഥാനം എവിടെയോ ചലിക്കുന്നു നിധി കണ്ടെത്താനൊക്കെ പഴയ വീടുകളിലൊക്കെ ചിലപ്പോൾ ബംഗളാവിൽ നമ്മൾ കഥയൊക്കെ വായിക്കും നോക്കും നോക്കി നോക്കി നോക്കി പോകുമ്പോൾ എവിടെയോ ഒരു കല്ലു മാത്രം ഇളകും അപ്പൊ അതാണ് ഡോർ ആ കല്ല് ഇളക്കി പിന്നെ അകത്തുപോയി മറ്റൊരു വാതില് തുറന്നു നിതിയെടുത്തു അതുപോലെ നമ്മളുടെ ഉള്ളിൽ ഇളകുന്ന ഒരു കല്ല് ആ കല്ല് ഇളകുന്ന കല്ല് എന്താ ഞാൻ എനിക്കുണ്ടായി എനിക്ക് സംഭവിച്ചു എനിക്ക് വിഷമം എനിക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല എനിക്ക് എങ്ങനെ കിട്ടും എന്റെ ജീവിത പ്രശ്നങ്ങൾ എന്റെ പ്രോബ്ലംസ് ഞാൻ നാളെ എന്തു ചെയ്യും എനിക്ക് പല കുഴപ്പങ്ങളും വരാൻ പോകുന്നു വിഷമങ്ങളും വരാൻ പോകുന്നു ഒക്കെ നോക്കിയാൽ എനിക്ക് ഞാൻ എന്റെ എന്റെ പ്രശ്നങ്ങൾ എന്റെ ജീവിതം എന്റെ ദുഃഖം എന്റെ എന്റെ ആ ചലനമാണ് ഇളകുന്ന കല്ല് അത് എവിടുന്ന് എന്ന് ശ്രദ്ധിച്ചാൽ അത് നമ്മളുടെ ഉള്ളിലുള്ള ഖജാനാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ട്രഷർ ഹൌസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും അത് പതുക്കെ പതുക്കെ പതുക്കെ നിശ്ചലമായ പ്രജ്ഞയെ ബോധത്തിനെ തെളിച്ചു തരും അല്ലാതെ കോൺഷ്യസ്നസ് അവേർനസ് എന്ന് പറഞ്ഞ് വാക്കുകൾ കൊണ്ട് കളിച്ചിട്ട് ഒരു കാര്യമില്ലേ എന്തോ കോൺഷ്യസ്നസ് എന്ന് നമുക്ക് എന്തറിയും കോൺഷ്യസ്നസ് ഈസ് ബ്രഹ്മൻ ഇതാണ് ആദ്യത്തെ ഡെഫനേഷൻ പ്രജ്ഞാനം ബ്രഹ്മ ശരി കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ എന്താ എങ്ങനെ ഭാവന ചെയ്യും കോൺഷ്യസ്നസ് എങ്ങനെ പിടിക്കും consciousness is experienced in you as i adana rendavamathe mahavakyam aham brahmasmi so to experience consciousness to know what consciousness is pay attention to this i i in you then you will experience what is pure consciousness then go deep into that experience then you will find tatvamasi as thanyana mumbili irikana alagalu കാണുന്നതൊക്കെ അത് തന്നെയാണ് അപ്പൊ അതിന് ആദ്യത്തെ പടി എന്താ പൂവിനിൽ തേൻ പോൽ ഊണുക്കുൾ ഈശൻ ഒളിന്തിരന്താണേ തായ്മാനോ തിരുമന്തിരത്തിൽ പറഞ്ഞു ഒരു പൂവിൽ തേൻ പോലെ എള്ളില് എണ്ണ പോലെ തൈരില് നെയ്യ് പോലെ ശരീരത്തിൽ ഈശ്വരൻ ഒളിഞ്ഞിരിക്കണോന്നാണ് അത് കണ്ടെത്താൻ ആ കണ്ടെത്താൻ ഉള്ള ഓപ്പനിംഗ് ദ ഡോർ വാതിൽ തുറക്കൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്റെ ഉള്ളിലുള്ള വ്യക്തിബോധത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങും വ്യക്തിബോധത്തിനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ ആ വ്യക്തിബോധം തന്നെ ശിവബോധമായിട്ട് ഈശ്വരസ്വരൂപമായിട്ട് പരമാത്മസ്വരൂപമായിട്ട് ജ്വലിക്കും തന്നെ പരമാത്മദർശനം ആത്മസാക്ഷാത്കാര മനോബുദ്ധ്യഹംകാരചിത് നഹം നോത്രജിഹേന ജഗ്രാണനേത്രേ ന്യോമഭൂമി തേജോന വാദന്ദ്രൂപ്പശിവോഹം ശിവോഹം നാണസഞ്ജന വൈ പഞ്ചവായുനവാ സാർന പച്ചകോഷ നാദോ നോപാ ചിദിഹം ശിവോഹം നേ വേഷോഭമോഹ മദോ നൈവേ നൈവത്സര്യഭാവം നമ്മോ ന ചാർോ നാമോ നോക്ഷിന്ദ ശിവോഹം ശിവോഹം നാപം നൗഖ്യം നുഃഖം നത്രോ നീർത്ഥം നേദ നഹം ഭോജനം നൈ ഭോജ്യം നോക്തിന്ദ ശിവോഹം ശിവോഹം നേ മൃത്യുശാന മേ ജാതിഭേദ ി നവനുർ മിത്ര ഗുരുനെ ശിഷ്യ ചിദാനന്ദ ശിവോഹം ശിവോഹം അഹം നിർവികല്പോ നിരാകാരോ വിപുർവ്യാപ്യേന്ദ്രി സദാ മേ സമക്തി ബന്ധ ചിദിവഹം ശിവോഹം